ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും ദൈവോചനത്തിന് ചുറ്റാകെ ആയിരിക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വളരെ വേഗത്തിലെ ചില കാര്യങ്ങളെ ചിന്തിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പതിനൊന്നാമത്തെ അധ്യായം ഇതിൻ്റെ തലേ അധ്യായം പഠിച്ചപ്പോഴ് അതിൻ്റെ അവസാന ഭാഗം ആയപ്പോഴേ കർത്താവ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് പറഞ്ഞ് നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുന്നില്ല നിങ്ങളുടെ അകവും പുറവും ഒരുപോലല്ല നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു ഉള്ളിൽ അധുഷ്ടതയുണ്ട് അങ്ങനെ അകവും പുറവും ഒരുപോലല്ലാത്ത ആ നിലയിൽ പുറമേ ഭക്തി പ്രാ ഭാവിക്കുന്നതാണ് കപടഭക്തി അതിനെ ആക്ഷേപിച്ച് കർത്താവ് വളരെ ശക്തമായ വാക്കുകളാൽ ലൂക്കോസിൻ്റെ സുശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് പരീശന്മാരും ന്യായശാസ്ത്രിമാരും അത് ആ ആ നിലയിലുള്ള കർത്താവിൻ്റെ ശാസനത്തിൻ്റെ വാക്കുകൾ കേട്ട് അവരെ ആകെ ഇടറിപ്പോയി അവരെ അത്യന്തം വിഷമിപ്പാനും വിഷമിപ്പിപ്പാനും അവൻ്റെ വായിൽ നിന്ന് വല്ലത് പിടിക്കാമോ എന്ന് വെച്ച് പതിയിരുന്ന് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി എന്ന് പറഞ്ഞാണ് ആ പതിനൊന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ഇതാ കർത്താവ് പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാ പറയുന്നു പുളിച്ചമാവ് പുളിച്ച മാവ് എന്ന് പറയുന്നത് ബൈബിളിലെ മിക്കവാറും എല്ലായിടത്തും ഒരു തെറ്റായ കാര്യമായിട്ടാണ് അതിനോട് ചേർത്താണ് പുളിച്ച മാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സുവിശേഷങ്ങളിലെ കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരുടെയും ഒക്കെ ആ നിലയിലുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ അവരുടെ കവടഭക്തി ഇതിനെയൊക്കെ പുളിച്ച മാവിനോട് സദൃശ്യമാക്കി പറഞ്ഞിട്ടുണ്ട് ഒന്ന് കുരു അഞ്ചാമധ്യായത്തിനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആറ് മുതലേ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസും കുരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരുടെ ജീവിതത്തിൽ അസാരം പുളിമാവ് പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കും അതിന് തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയണം നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കണം അങ്ങനെ പുളിച്ചമാവ് പുളിമാവ് ഒരു തെറ്റായ കാര്യത്തോട് ചേർത്താണ് പറയുന്നത് ഗലാത്തിർ ലേഖനം അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യവും അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു അപ്പോൾ പുളിമാവ് ബൈബിളിലെ സുവിശേഷങ്ങളിലാകട്ടെ നമ്മളെ ഇപ്പോഴ പറഞ്ഞ പോലെ ഒന്നുകൂരി അഞ്ചാം അധ്യായത്തിലാകട്ടെ ഗലാത്തിരഞ്ചാം അധ്യായത്തിലാകട്ടെ അങ്ങനെ ലേഖനങ്ങളിൽ ഒക്കെയും അത് തെറ്റായ ഒരു കാര്യമായിട്ടാണ് നിഷേധാത്മകമായ കാര്യത്തോട് ചേർത്താണ് പുളിച്ചമാവ് എന്ന് പറയുന്നത് എന്നാൽ ബൈബിളിൽ ഒരിടത്ത് മാത്രം നമ്മൾ അതിനെ നല്ല ഒരു കാര്യത്തോട് ചേർത്ത് പുളിച്ചമാവ് പറയുന്നുണ്ട് അതെവിടെയാണ് മത്തായി എഴുതി ദിവസവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപമയോട് ചേർത്താണ് അവിടെ സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം അതൊരു സ്ത്രീ എടുത്തു മൂന്നുപറ മാൽ എല്ലാം പുളിച്ചു ഒരുവോളം അടക്കി വെച്ചു എന്ന് യേശു പറയുന്നുണ്ട് ഇവിടെ ഈ പുളിച്ച മാവിൻ്റെ പുളിപ്പിനോന്നെ അല്ല മറിച്ചെന്താ ഒരല്പമേ ഉള്ളെങ്കിലും അത് വലിയ സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയാനാണ് ഇവിടെ മത്തായി എഴുതിയ സുശേഷം പതിമൂന്ന് മുപ്പത്തിരണ്ടില് സ്വർഗരാജ്യത്തെ പുളിച്ചമാവിനോട് സദൃശ്യമാക്കി പറഞ്ഞിരിക്കുന്നത് അതായത് അല്പമേ ഉള്ളൂ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ ദൈവരാജ്യ ഹൃദയത്തില് സ്വീകരിച്ച ആള് ഒരാളെ ഒരു ഭാവനത്തിൽ പക്ഷേ അയാൾ അവിടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വളരെ വേഗത്തിൽ ആ മുഴുവൻ വിശ്വാസത്തിലേക്ക് വരാനിടയാകും ഒരു സമൂഹത്തിൽ ഈ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ കയ്യാളിയ ആളുകൾ അവരൊരു ചെറിയ ഒരു ചെറിയ സംഖ്യയായിരിക്കാം പക്ഷെ അവർ ആ സമൂഹത്തെ മുഴുവൻ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ കഴിയും അങ്ങനെ അതിൻ്റെ വ്യാപനത്തെയാണ് ഇവിടെ പതിമൂന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ പറയുന്നത് ആ ഒരു ഈ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പുളിപ്പിനെക്കുറിച്ച് ഒരു തെറ്റായ നിലയിലാണ് പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവർ നമുക്ക് നമ്മൾ ചിന്തിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം അവിടെ കർത്താവ് എന്താ പറയുന്നത് ഈ പരീശന്മാരുടെ കപടഭക്തിയാകുന്ന പൊളിച്ച മാവ് അതിനെ സൂക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കപടഭക്തി കപടഭക്തി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹിപ്പോക്രസി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹിപ്പോക്രസി എന്ന് പറയുമ്പോൾ അത് ഗ്രീക്കിൽ നിന്നുള്ള ഒരു വാക്ക് നേരിട്ട് ഇംഗ്ലീഷിലേക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഗ്രീക്കുകാരാണല്ലോ നാടകങ്ങൾ വളരെ ഗ്രീക്ക് നാടകങ്ങളൊക്കെ ആ നിലയിൽ നമുക്കറിയാം വളരെ പ്രാചീനകാലം മുതലേ നാടകങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഈ നാടക നടന്മാർ മുഖംമൂടികൾ ഒരു കഥാപാത്രത്തിന് ചേർന്ന മുഖംമൂടിയൊക്കെ വെച്ച് അങ്ങനെ അഭിനയിക്കും ആ മുഖംമൂടി വെച്ച് അഭിനയിക്കുന്നതിനെയാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത് ആ ഹിപ്പോക്രസി എന്ന വാക്ക് അതേപോലെ എടുത്താണ് കപടഭക്തി എന്ന് പറയുന്നത് എന്നു വെച്ചാൽ ഒരു ഒരു രംഗത്ത് അഭിനയിക്കുന്ന ആളിന് ആ കഥാപാത്രമായി തീരണ്ട അയാൾ കേവലം അഭിനയം മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ ലോകത്ത് ഇന്ന് ഈ കാര്യങ്ങൾ അഭിനയമായി തീരരുത് എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമുക്കിതിനെ ഗൗരവമായിട്ട് എടുക്കാം നമുക്ക് തുടർന്ന് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ നമ്മളെ വളരെ ആശ്വസിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത് ആ അഞ്ചാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തെ രക്ഷമിക്കണം ലൂക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ടിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ അഞ്ചു വട്ടം ഭയപ്പെടണ്ട ഭയപ്പെടണം ഭയപ്പെടുവീൻ ഭയപ്പെടുവീൻ ഭയപ്പെടണ്ട എന്നിങ്ങനെ അഞ്ചുവട്ടം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ എന്താ പറയുന്നത് അവിടെ നിങ്ങളുടെ ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടണ്ട നാലാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം എന്നിട്ട് പറയുന്നു ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്നിട്ട് കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ അതായത് ദൈവത്തെ തന്നെ ഭയപ്പെടുവീൻ അതേ അവനെ ഭയപ്പെടുവീൻ എന്നാ പറയുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആകയാല് നിങ്ങളുടെ തലയിലെ മുടി എല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടണ്ട എന്നവിടെ പറഞ്ഞിരിക്കുന്നു നോക്കുക ഇവിടെ അഞ്ചിടത്ത് ഭയപ്പെടുവീൻ ഭയപ്പെടുവീൻ ഭയ ഭയപ്പെടണ്ട എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ആകെ എന്താ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ മനുഷ്യരെ ഭയപ്പെടണ്ട നമ്മൾ ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടുന്നത് എന്താ നിത്യതയുമായി ബന്ധപ്പെട്ടാണ് കാര്യം ദേഹത്തെ മാത്രം കൊല്ലുന്ന ആളുകളെ ഭയപ്പെടണ്ട ദേഹത്തെ കൊന്നിട്ട് അതുപോലെ തന്നെ നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ നമ്മുടെ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ലോകവുമായി ബന്ധപ്പെട്ട നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടരുതെന്നും അവിടെ നമുക്കൊരു അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്കൊരു പ്രബോധനം എടുക്കാം ഏഴാമത്തെ വാക്യം എന്താ പറയുന്നത് നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകെയാൽ ഭയപ്പെടണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ നമ്മൾ കുരുകിലിനെ പോലും ദൈവം സൂക്ഷിക്കുന്നു നമ്മുടെ തലയിലെ മുടി എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മള് നമ്മുടെ ജീവിതം ഇന്ന് എങ്ങനെയായി തീരും എന്ന് ഭയപ്പെടണ്ട നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊന്നിനെയും ഭയപ്പെടണ്ട എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അവിടെ ആറാമത്തെ വാക്യം നോക്കുക രണ്ട് കാശിനെ അഞ്ചു കുരുകിലിനെ വിൽക്കുന്നില്ലയോ എന്ന് പറയുന്നതിനെ മത്തായി പത്തിന്റെ ഇരുപത്തി ഒൻപതുമായിട്ട് താരതമ്യപ്പെടുക്കും താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ കാശിന് രണ്ട് കുരുകിലിനെ വിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ട് കാശിന് നാല് കുരുകിൽ മതി ഈ അഞ്ചാമത്തെ കുരുകിൽ ഏതാ സൗജന്യമായിട്ട് കിട്ടുന്ന കുരുകിലാണ് അങ്ങനെ രണ്ട് കാശിനു വാങ്ങുമ്പോൾ സൗജന്യമായിട്ട് കിട്ടുന്ന അഞ്ചാമത്തെ കുരുകിലിനെ പോലും ദൈവം മറന്നു അതുപോലെ നമ്മുടെ തയിലെ തലയിലെ മുടിയെല്ലാം ദൈവം എണ്ണിയിരിക്കുന്നു ആകെയാൽ ഭയപ്പെടണ്ട പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വരട്ടെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഭയപ്പെടണ്ട നമ്മളെ മാത്രം ദ്രോഹിക്കാൻ കഴിയുന്ന മനുഷ്യരെ ഭയപ്പെടണ്ട ദൈവത്തെ നിത്യതയുമായി ബന്ധപ്പെട്ട് ഭയപ്പെടുകയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ലോകത്ത് എങ്ങനെയാകും കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മുടെ ദൈനംദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഭയശങ്കകൾ നമുക്ക് വേണ്ട ദൈവം നമ്മുടെ തലയിലെ മുടി പോലും എണ്ണിയിരിക്കുന്നു അതുപോലെ അഞ്ചാമത്തെ കുരുലിനെ പോലും മറന്നു പോകാത്ത ദൈവം നമ്മളെ സൂക്ഷിക്കും എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്ന് നമുക്കെടുക്കാവുന്ന ചിന്ത പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കപടഭക്തിയില്ലാതെ ദൈവത്തെ യഥാർത്ഥത്തിൽ പിന്തുടരാം ദൈവത്തെ മാത്രം ഭയപ്പെടാം ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും എന്നുള്ള വലിയ ധൈര്യത്തിൻ്റെതായ വചനമാണ് ഈ ലൂക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് നമുക്ക് സ്വീകരിപ്പാനായിട്ട് കഴിയുന്നത് ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ ഇപ്പം നമ്മൾ ചിന്തിച്ചതിന് ഒരു അതിനൊരു തലക്കെട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഭയപ്പെടണ്ട എന്ന് ഒരു കൊച്ചു തലക്കെട്ടിൻ്റെ കീഴിൽ പറഞ്ഞ കാര്യങ്ങളെ സംക്ഷേപിച്ച് പറയാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ തുടർന്ന് നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ ഇത് വിചാരപ്പെടണ്ട എന്നൊരു കാര്യം ആവർത്തിച്ചു വരുന്നുണ്ട് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വിചാരപ്പെടണ്ട എന്ന് കാണുന്നു അതുപോലെ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ വിചാരപ്പെടരുത് എന്ന് കാണുന്നു പിന്നെ അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും എന്ന് കാണുന്നു അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് അതുപോലെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് ഇങ്ങനെ എല്ലാം വീണ്ടും നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മളിന്ന് കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ധാരാളം ചിന്താകുലങ്ങൾ വരാമെങ്കിൽ അതിനെതിരെ ഉള്ള ഒരു സന്ദേശമായിട്ട് ഈ തുടർന്നുള്ള ഈ ഭാഗങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കാണുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ നിങ്ങളെ പള്ളികൾക്കും കോയമ്പുകൾക്കും അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട എന്ന് പറയുന്നു നമ്മൾ വിചാരപ്പെടേണ്ട നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യണ്ട എന്നുള്ളത് ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ഈ വാക്യത്തെ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ തക്ക സമയത്ത് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വായിൽ തരും എന്നാണ് ഈ വാഗ്ദാനം എന്ന് ഈ പതിനൊന്നാമത്തെ വാക്യത്തെ അങ്ങനെയല്ല എടുക്കേണ്ടത് മറിച്ച് വചനത്തെ വചനത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ട് മുതൽ ഉള്ള വാക്യങ്ങളില് നമ്മൾ കാണുന്നത് ഇരുപത്തൊന്ന് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലേ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ എൻ്റെ നമ്മൾ കാണുന്നത് നമ്മളെ കർത്താവിൻ്റെ നാമ നിമിത്തം നമ്മളെ രാജാക്കന്മാരുടെയും നാട് മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളിയിലും തടവിലും ഏൽപ്പിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ പറയാനുള്ളത് ദൈവം നമ്മുടെ നാവിൽ തരും പ്രതിപാദിപ്പനായിട്ട് മുമ്പ് കൂട്ടി നമ്മൾ വിചാരിക്കേണ്ട എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ഞാനും ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് ഇരുപത്തി ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ പതിനഞ്ചിൽ നമ്മൾ അവിടെ വായിച്ച് അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മൾ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ കാണുന്ന വിചാരപ്പെടേണ്ട എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ ഇന്നത്തെ ലോകം ഏതെങ്കിലും നിലയിൽ അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോയി നിർത്തുമ്പം അവിടെ എന്താ ഞാൻ ഭംഗിയായിട്ട് പറയേണ്ടത് എങ്ങനെയാണ് വാദിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വിചാരപ്പെടേണ്ട ആ സമയത്ത് അധികാരങ്ങളോട് പറയേണ്ടത് ഏറ്റവും നല്ല ജ്ഞാനത്തോടെയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ ദൈവം തന്നെ തരും എന്നാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത് അല്ലാതെ നമ്മൾ മീറ്റിങ്ങിനെ പ്രിപ്പയർ ചെയ്യാതെ പോകാം എന്നുള്ളതിന് ഒരു അത് ഒഴികഴിവായിട്ടല്ല ഈ വാക്യത്തെ എടുക്കേണ്ടത് എന്ന് നമ്മൾ ബൈബിളിലൂടെ എന്നെടുത്ത് വളരെ വിശദമായിട്ട് ആ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട് നമുക്ക് നോക്കുക നമ്മൾ വിചാരപ്പെടേണ്ട എന്നുള്ളതാണല്ലോ പറഞ്ഞത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്തു വേണം അധികാരികളോട് എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെടണ്ട എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മറിച്ച് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് തിന്നും എന്ത് കുടു എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടണ്ട കാരണം കാക്കയെ പരിപാലിക്കുന്ന കർത്താവ് നമ്മളെ ഈ പർവ്വജാതികളെക്കാൾ വിശേഷതയുള്ള നമ്മളെ കാക്കുക അതുകൊണ്ട് ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴ കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയയില്ലല്ലോ അപ്പൊ പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നത് താമര അത് സ്വയം അധ്വാനിക്കാ അധ്വാനിക്കാതെ ദൈവം അതിനെ മനോഹരമായിട്ട് വളരാൻ ഇടയാക്കുന്നു പുല്ലിനെ വളരെ മനോഹരമായിട്ട് ദൈവം ഉടുപ്പിക്കുന്നു അതുകൊണ്ട് അല്പവിശ്വാസികളെ നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉള്ളതെല്ലാം ദൈവം തരും ഇരുപത്തി ഒൻപതാം വാക്യം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിഞ്ചി ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് അതുപോലെ ചെറിയ ആട്ടിൻകൂട്ടമായി നിങ്ങൾ പേടിക്കരുത് ചിന്തിച്ച് ഭയപ്പെടരുത് എന്നെല്ലാം വീണ്ടും ആശ്വാസത്തിൻ്റെ വചനമാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ ഭാഗങ്ങൾക്ക് നമ്മളൊരു തലക്കെട്ടിട്ടാൽ നമുക്ക് എങ്ങനെ പറയാം വിചാരപ്പെടണ്ട ആദ്യം നമ്മൾ പറഞ്ഞു ഭയപ്പെടണ്ട എന്ന കർത്താവ് നമ്മളോട് പറഞ്ഞു ഇപ്പം നമ്മളോട് പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ വിചാരപ്പെടണ്ട വിചാരപ്പെടണ്ട ദൈവം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിന്റെ എട്ട് നോക്കുക അവൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നു പുല്ലു മുളപ്പിക്കുന്നു മൃഗങ്ങൾക്കും കരയുന്ന കാക്കകുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു അങ്ങനെ ഈ ലോകത്തുള്ള ഏറ്റവും ചെറിയ കാക്ക കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ വളരെ ദുർബലമായ ഒരു പർവ്വജാതിയിലെ കുഞ്ഞാണ് അതിന് പോലും അതിൻ്റെ ആഹാരം കൊടുക്കുന്നത് ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മളെ ദൈവം നടത്തുകയില്ലേ നമ്മളെന്തിനാണ് തിന്നുകയും കുടിക്കുകയും ഉടുക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഭാരപ്പെടുന്നത് താമരയെ എങ്ങനെ ദൈവം ഭംഗിയായിട്ട് നിർത്തുന്നു വയലിലെ പൂവിനെ പുല്ലിനെ ദൈവം എങ്ങനെ വിടിപ്പിക്കുന്നു അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ചഞ്ചലപ്പെടരുത് എന്നുള്ള ഈ വാക്യം ഈ കാലഘട്ടത്തോട് ചേർന്ന് പ്രത്യേകിച്ച് ഒരു മഹാമാരിയിലൂടെ ഈ ലോകം കടന്നു പോകുമ്പോൾ എങ്ങനെയായി തീരും എന്തായിത്തീരും എന്നെയുള്ള വിചാരപ്പെടൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പോ നമുക്ക് നമ്മളോട് ഈ കാലഘട്ടത്തോട് ചേർന്ന് കർത്താവ് വ്യക്തിപരമായിട്ട് പറയുന്നു എൻ്റെ മകനെ മകളെ നീ എന്തു വേണ്ട നീ വിചാരപ്പെടണ്ട നിന്റെ കൊച്ചു കാര്യങ്ങളെല്ലാം ദൈവം വളരെ ഭംഗിയായിട്ട് ചെയ്തു തരും ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങള് ഭയപ്പെടരുത് നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് ദൈവത്തിനറിയാം ചെറുതാണ് ചെറുതാണ് ആ നമ്മളിപ്പോ പറഞ്ഞല്ലോ ചെറിയതിനെ ദൈവം തുച്ഛീകരിക്കുന്നില്ല കാക്ക കുഞ്ഞിനെ പോലും വയലിലെ പുല്ലിനെ പോലും അങ്ങനെ ഏറ്റവും നിസാരമായതിനെ പോലും ദൈവം തുച്ഛീകരിക്കുന്നില്ലെങ്കിൽ നമ്മളെ ചെറിയ ആട്ടിൻകൂട്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഈ ലോകത്ത് അംഗസംഖ്യ കൂടുമ്പോഴാണ് വലിയ ആട്ടും വലിയ ആൾക്കാരും ഒക്കെ ആകുമ്പോഴാണ് ഭയ നിൽക്കാവുന്നത് എന്നാൽ ദൈവം ചെറിയ ആളുകളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് വളരെ ധൈര്യത്തോടെ നമുക്ക് ആവശ്യമില്ലാതെ ഭയപ്പെടാതെ നമുക്ക് വിചാരപ്പെടാതെ ഇരിക്കാം വിചാരപ്പെടുക എന്ന് വെച്ചാൽ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്നതാ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്നാ പറയാറുണ്ട് മനുഷ്യനാണോ അവൻ ചിന്തിച്ചു പോകും അവൻ വിചാരപ്പെട്ടു പോകും എന്നാൽ നമ്മൾ എന്ത് വേണം അങ്ങനെയുള്ള ആ അവിശ്വാസത്തിൻ്റെ ചിന്തകളെ നമ്മൾ അതിനെ പിടിച്ചടക്കണം എന്നാണ് ദൈവോചന പറയുന്നത് നമുക്ക് ചിന്തകൾ വരാം പക്ഷെ ആ തെറ്റായ ചിന്തകളെ അവിശ്വാസത്തിൻ്റെ ചിന്തകളെ ദൈവത്തെ സംശയിക്കുന്ന ചിന്തകളെ നമ്മൾ എന്ത് വേണം പിടിച്ചടക്കണം രണ്ടു കോരിന്റേർ പത്താം അധ്യായം പത്താം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം നോക്കുക അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി കണ്ടോ അപ്പൊ നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ മനനം ചെയ്യുന്നവരാണ് മനുഷ്യരെന്നുള്ള നിലയിൽ ചിലപ്പോൾ ചിന്തകൾ വരാം ഓ ഈ മഹാമാരിയുടെ ഘട്ടം എങ്ങനെ തരണം ചെയ്യും അത് കൂടുതൽ വർദ്ധിച്ചു വരികയല്ലേ വീണ്ടും പല ഭാഗങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്തും പ്രയാസങ്ങൾ വരികയാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ രണ്ടാമത്തെ തരംഗം തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാധ്യമങ്ങളിൽ വാർത്തകളൊക്കെ കാണുമ്പോൾ മനുഷ്യരെന്നുള്ള നിലയിൽ വരാം പക്ഷേ ദൈവത്തെ സംശയിച്ചു പോകുന്ന ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തെയും കരുതലിനെയും അനാവശ്യമായി സംശയിക്കുന്ന പിശാചു കൊണ്ടുവരുന്ന അത്തരം ചിന്തകളെയൊക്കെ നമ്മൾ നിരാകരിക്കുകയോ പിടിച്ചടക്കുകയോ വേണം ഏത് വിചാരത്തെയും ദൈവത്തോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം എന്നിട്ട് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ഫിലിപ്പിയർ കരുതി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഫിലിപ്പിയർ നാലിൻ്റെ ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളു അതാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ തെറ്റായ വിചാരപ്പെടൽ വേണ്ട എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഫിലിപ്പയർ നാലിൻ്റെ ഇവിടെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതെല്ലാം പോസിറ്റീവായ കാര്യമാണ് രമ്യമായത് നീതിയായത് നിർമ്മലമായത് സൽകീർത്തിയായത് സൽഗുണമായത് പുകഴ്ചയായത് ഇങ്ങനെയുള്ള പോസിറ്റീവായ കാര്യം ചിന്തിക്കത്തക്കവണ്ണം നമ്മൾ നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടണം ആവശ്യമില്ലാതെ വിചാരപ്പെടരുത് നമ്മൾ കുറച്ച് ഉള്ളൂ എന്ന് വിചാരിച്ച് ഭയപ്പെടരുത് ചെറിയ ആട്ടിൻകൂട്ടമയെ നിന്നെ കരുതുന്ന വലിയവനായ ദൈവമുണ്ട് വയലിലെ താമരയെ ഉടുപ്പിക്കുന്ന ദൈവം വയലിലെ പുല്ലിനെ അണിയിക്കുന്നവനായ ദൈവം കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവനായ ദൈവം ആ ദൈവം നിന്നെ കൈവിടുകയില്ല അതുകൊണ്ട് വിചാരപ്പെടണ്ട എന്ന് കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്നതിന് നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം ലുക്കൂസിൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾക്ക് നമ്മൾ ഭയപ്പെടണ്ട എന്നൊരു ശീർഷകം നൽകി അതുപോലെ പിന്നീട് ചിന്തിച്ച കാര്യങ്ങൾ അതിനൊരു തലക്കെട്ടിട്ടാൽ വിചാരപ്പെടണ്ട എന്ന തലക്കെട്ടിട്ടിടാം എന്ന് നമ്മൾ പറഞ്ഞു ഇനിയും തുടർന്ന് ഇതിൻ്റെ അകത്ത് പറയുന്ന മൂന്ന് കൊച്ചു ഉപമകൾ നോക്കുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു തലക്കെട്ടിട്ടാൽ ഒരുങ്ങുക എന്നൊരു തലക്കെട്ടിടാം നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുക ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നിത്യതയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുക എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ തുടർന്ന് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് ഇരുപത്തൊന്ന് വാക്യങ്ങൾ മുപ്പത്തഞ്ച് നാൽപ്പത് വാക്യങ്ങൾ നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് വാക്യങ്ങൾ ഈ മൂന്ന് ഇടത്ത് പറഞ്ഞിരിക്കുന്ന മൂന്ന് കൊച്ചുപമകൾ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുക എന്നൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടേണ്ട ഈ ലോകത്തിലുള്ള ആളുകളെ ഭയപ്പെടണ്ട എന്നെല്ലാം നമ്മൾ പറഞ്ഞു പിന്നെ ഭൗതിക കാര്യങ്ങളല്ല പിന്നീട് എന്താ നമ്മൾ ചെയ്യേണ്ടത് നിത്യതക്കായിട്ട് ഒരുങ്ങാനായിട്ടാണ് നമ്മൾ വിചാരപ്പെടാതെ ഭയപ്പെടാതെ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് നോക്കുക ലൂകോസിൻ്റെ സുശേഷം പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് മുതല് ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ ലോകത്തിലെ ഒരു അവകാശം പകുതി ചെയ്യാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞ് ഒരു സ്വത്ത് കർത്താവിനെ മധ്യസ്ഥത വഹിക്കാനായിട്ട് ഒരാൾ ക്ഷണിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത് അവിടെ പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് കർത്താവ് പറയുന്നത് അപ്പം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളുടെ ന്യായകർത്താവായിട്ടിരിക്കാനായിട്ടല്ല ഞാൻ വന്നത് ഞാൻ മറിച്ച് നിത്യതയിലേക്ക് വിരൽ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു ഉപമ പറഞ്ഞു നിങ്ങൾക്ക് ഈ ലോകത്തായിരിക്കുമ്പോഴാണ് സകല ദ്രവ്യാഗ്രഹവും ഒക്കെ വരാവുന്നത് അതുകൊണ്ട് ഈ ലോകത്തുള്ള ആ കാര്യങ്ങൾക്കപ്പുറത്ത് നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടെ ഇവിടെ ജീവിച്ചാൽ ഈ സ്വത്ത് തർക്കവും ഒന്നും പ്രശ്നമാവുകയില്ല എന്ന് പറയാനായിട്ട് കർത്താവ് ഒരു ഉപമ അവിടെ പറയുന്നു അതിൻ്റെ പതിനാറ് മുതൽ കർത്താവ് പറയുന്ന ഉപമയിൽ ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു അപ്പോൾ അവൻ എന്തു ചെയ്തു ഈ ധനവാന് തൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന ഉള്ളിൽ വിചാരിച്ചു എന്നിട്ടവൻ പറഞ്ഞു ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും എന്നിട്ട് കൂട്ടി വെച്ചിട്ട് എന്താ ചെയ്യും എന്നിട്ട് ഏറെ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയും ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നാ പറയും എന്നാ പറഞ്ഞു അപ്പോൾ ആ ധനവാനോട് ദൈവം തന്നെ ചോദിച്ചു ഇരുപതാം വാക്യം മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനയെ എന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ദൈവവിഷയമായിട്ട് സമ്പന്നനാകുക എന്നുള്ള ഒരു ഉപദേശത്തോടെയാണ് അത് ഇവിടെ നോക്കുക നമ്മൾ ഇവിടെ കാണുന്നത് അവിടെ അവന് കർത്താവ് അവനോട് പറയുന്നത് എന്താ പറയുന്നത് അതിൻ്റെ ഇരുപത്തി പതിനഞ്ചാമത്തെ വാക്യം ഒരുത്തരം സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് അവന്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് യഥാർത്ഥ ജീവന് ആധാരമായിട്ടുള്ളത് മറിച്ച് എന്താണ് കൊലോസിറൊന്നിൻ്റെ പതിനേഴില് നമ്മൾ വായിക്കുന്നു ദൈവം തന്നെയാണ് സകലത്തിനും ആധാരമായിട്ടുള്ളത് അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു കൊലോസിറൊന്നിൻ്റെ പതിനേഴ് അതുകൊണ്ട് ജീ ഇവിടെ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ചില് പറയുന്നു വസ്തുവകയല്ല ജീവൻ ആധാരമായിരിക്കുന്നത് മറിച്ച് ദൈവവും നിത്യതൈവുമാണ് ജീവൻ എന്ന് കർത്താവ് ഈ രണ്ട് വാക്യങ്ങളെ താരതമ്യം ചെയ്താൽ അതാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നിട്ട് ഇവിടെ ഇതാ ഈ ധനവാനോട് പറയുന്നു എന്താ പറയുന്നത് നീ ദൈവം അവനോട് ചോദിക്കുന്നു മൂഢ മൂഢ എന്ന് വിിച്ചുകൊണ്ടാണ് ദൈവം സം സംസാരിക്കുന്നത് നമ്മളെ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കർത്താവ് ഗിരി പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് മൂഢ എന്നൊന്നും വിളിക്കരുത് മൂഢ എന്ന് വിളിച്ചാൽ അഗ്നിതരകത്തിന് യോഗ്യനാകും എന്ന് നമ്മളോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട് എന്നാൽ എല്ലാറ്റിനെയും കാണുന്ന ദൈവത്തിന് ഈ ധനവാൻ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ വലിയ കളപ്പുരകൾ ഉണ്ടാക്കും എല്ലാം കൂട്ടിവെക്കും തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കാണുന്ന ദൈവം അവനെ വിളിക്കുകയാണ് മൂഢ എന്ന് വിളിക്കുകയാണ് കാര്യം അവൻ പറഞ്ഞത് അകത്തെ മൂഢത എന്താ ദൈവം എന്തുകൊണ്ടാണ് അവനെ മൂഢൻ എന്ന് വിളിച്ചത് മൂന്ന് കാര്യങ്ങളെങ്കിലും അവൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവൻ്റെ മൂഢത്വത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നെന്ന് പറയുന്നത് ഏഹ് ഇവൻ്റെ ഈ വസ്തു നന്നായി വിളഞ്ഞപ്പോൾ ആ ധനവാൻ എന്തു ചെയ്തില്ല ഈ വിളവെല്ലാം തന്നത് ദൈവമാണ് എന്ന തിരിച്ചറിവോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഞാൻ എൻ്റെ ഭൂമി എൻ്റെ കളപ്പുര എൻ്റെ വസ്തുവക എന്നെല്ലാം പറഞ്ഞ് അവനവനിൽ തന്നെ പ്രശംസിക്കുകയാണ് ഇതെല്ലാം ദൈവമാണ് തന്നത് എന്നൊരു തിരിച്ചറിവോടെ ദൈവത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു മനോഭാവം അവനിൽ കാണുന്നില്ല അതുകൊണ്ട് അവനെ മൂഢന്ന് വിളിക്കാം രണ്ടാമത് അവനാ കിട്ടിയ ആ നന്മകള് ആരോടെങ്കിലും സഹജീവികളോട് പങ്കുവെക്കാം എന്ന് അവൻ കരുതുന്നില്ല മറിച്ച് എന്താ ചെയ്യുന്നത് അതെല്ലാം കൂട്ടിവെക്കാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത് അതും മൂഢത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് മൂന്നാമത് അവന്റെ വാക്കുകൾ നോക്കുക ഞാൻ ഇതെല്ലാം അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ച് ഏറിയ ആണ്ടികൾ ആണ്ടുകൾക്ക് മതിയായവയെല്ലാം സംഗ്രഹിച്ചു വെച്ചിട്ട് എന്തോ പറയും ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും അവൻ അത്രയേ ഉള്ളൂ തിന്നുക കുടിക്കെ ആനന്ദിക്കുക അതിനപ്പുറത്ത് ഈ ലോകത്തിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന അവന് തോന്നുന്നില്ല ഇവനീ പറയുന്ന ആ ഒരു കാര്യമില്ലേ തിന്നുക കുടിക്കെ ആനന്ദിക്കുക ഇതിന് എപ്പിക്യൂരിയൻ ഫിലോസഫി എന്ന് പറയും ഏഹ് തത്വചിന്തയ തിന്നുക കുടിക്കേ ആനന്ദിക്കുക ഈ ലോകമേ ഉള്ളൂ അതിനപ്പുറത്തൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ സുഖമായിട്ടിരിക്കുക ഈ എപ്പിക്യൂരിയൻ മനോഭാവമാണ് അവൻ വെച്ച് പുലർത്തുന്നത് അതുകൊണ്ടും ദൈവം അവനെ മൂഢ എന്ന് വിളിക്കുന്നു കണ്ടോ നമ്മൾ വളരെ വേഗത്തിൽ പറഞ്ഞത് അവനെ മൂഢ വിളിച്ചതിൽ ഒരു തെറ്റുമില്ല കാരണം മൂന്ന് കാര്യങ്ങളെങ്കിലും നമുക്ക് അവൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കെടുക്കാൻ കഴിയും ഒന്ന് ദൈവത്തിന് ആ നിലയിലുള്ള മഹത്വം കൊടുക്കുന്നില്ല ദൈവമാണ് തനിക്ക് വലിയ വിളവ് തന്നത് എല്ലാ കാര്യങ്ങളെയും ദൈവം നിയന്ത്രിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ദൈവത്തിന് മഹത്വം അവൻ കൊടുക്കുന്നില്ല രണ്ട് അതെല്ലാം അവൻ കൂട്ടി വയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് മറ്റ് സഹജീവികളുമായിട്ട് അത് പങ്കിടാൻ അവൻ തയ്യാറാവുന്നില്ല മൂന്നാമത് തിന്നുക കുടിക്കുക ആണ് എന്ന ഒരു ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഫിലോസഫിയുടെ വക്താവായിട്ട് അവൻ നിൽക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവര് ഈ വാക്യം ഈ ഭാഗം കർത്താവ് അവസാനിപ്പിക്കുന്നത് എന്താ അവസാനിപ്പിക്കുമ്പം നമ്മൾ ദൈവവിഷയമായിട്ട് സമ്പന്നനാകണം ഇരുപത്തിയൊന്നാം വാക്യം ദൈവവിഷയമായിട്ട് സമ്പന്നനാകണം എന്ന് പറഞ്ഞാണ് അവിടെ അവസാനിപ്പിക്കുന്നത് നിത്യതയെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഉപമ അതിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് യജമാനൻ കല്യാണത്തിന് പോയിരിക്കുകയാണ് എന്നാൽ യജമാനൻ രാത്രിയുടെ രണ്ടായിമത്തിലോ മൂന്നിലോ എപ്പോൾ വന്നാലും തുറന്നുകൊടുക്കത്തക്കവണ്ണം ജാഗ്രതയായിട്ട് ആ ദാസനായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ ദാസന് യജമാനൻ വരുമ്പോൾ ആ ദാസൻ ഭാഗ്യവാനാണ് അതുപോലെ തന്നെ ആ ദാസനെ യജമാനൻ അഭിനന്ദിക്കും അരകെട്ടി അവനെ ഭക്ഷണത്തിന് ഇരുത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നു വെച്ചാൽ കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും ഏത് ഏത് നാഴികയിലും അത് രാത് രണ്ടായാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും മുപ്പത്തി എട്ടാമത്തെ വാക്യം പന്ത്രണ്ടിൻ്റെ മുപ്പത്തി എട്ട് പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മുടെ യജമാനൻ ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഒരു വിട്ടല്ലാതെ ഈ കാര്യങ്ങളിലെ ഒരുക്കമുള്ളവരായിട്ട് എപ്പോൾ വന്നാലും നമ്മളെ ഉണർന്നിരിക്കുന്നവരായിട്ട് കാണത്തക്കവണ്ണം ഒരുക്കമുള്ളവരായിട്ടായിരിക്കണം എന്നാണ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള ആ ഉപമ നമ്മളോട് പറയുന്നത് ഉടനെ അതിൻ്റെ തൊട്ടടുത്ത വാക്യങ്ങളിൽ നാൽപ്പത്തൊന്നില് പത്രോസ് ഉടനെ ചോദിച്ചു കർത്താവേ ഉപമ എല്ലാവരോടുമാണോ അതോ ശിഷ്യന്മാരായ ഞങ്ങളോടാണോ പറയുന്നത് ഉടനെ കർത്താവ് വേറൊരു ഉപമ പറയുന്നു അതായത് യജമാനം പോയിട്ട് താമസിച്ചേ വരുള്ളൂ എന്ന് വിചാരിച്ച് ആ ഒരുങ്ങാതെ തല്ലാനും കുടിച്ചു മതിപ്പാനും ഒക്കെ തുടങ്ങിയാൽ നനയാത്ത നാഴികയിൽ യജമാനൻ വരും അതുകൊണ്ട് അറിയാതെ അടിക്ക് യോഗ്യമായത് ചെയ്തവന് കുറേ അടികുള്ളും വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും എന്ന് പറഞ്ഞാണ് ആ ഉപമാകർത്താവ് അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് എല്ലാവരുടെയും കൂടെയല്ല നിങ്ങൾ നിങ്ങളെന്താ നിങ്ങൾ എന്നിൽ നിന്ന് കൂടുതൽ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഒരുക്കമുള്ളവരായിട്ടായിരിക്കണം എന്ന് പറയുന്ന ഒരുപമയായിട്ട് നമുക്കതിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ആ നിലയിൽ എടുക്കാം നമുക്കും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൽ നിന്ന് കൂടുതൽ നിത്യതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളോട് കൂടുതൽ ചോദിക്കും ആമോസിന്റെ പുസ്തകം മൂന്നാമധ്യായം രണ്ടാം വാക്യം ഇതാ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനോട് പറഞ്ഞത് എന്താ ആമോസ് മൂന്നിൻ്റെ രണ്ട് ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ചും ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെയൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും അപ്പം അവർക്കൊരു കൂടുതൽ പ്രിവിലേജ് കിട്ടി അതുകൊണ്ട് ദൈവം അവരോട് കൂടുതൽ ചോദിക്കും ഇവിടെ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ ഏർ നാൽപ്പത്തി എട്ടിൽ പറയുന്നത് വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും നമ്മൾ ഇന്ന് മറ്റു പലരും അറിയാത്ത പല സത്യങ്ങളും അറിയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം രണ്ടാമത് വരുമ്പോൾ നമ്മളോട് കൂടുതൽ കർത്താവ് ആവശ്യപ്പെടും നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കണം ഏത് സമയവും രാത്രി രണ്ടാമത്തെ നാഴിക മൂന്ന് ഏത് നാഴിയിൽ വന്നാലും ഉണർന്നിരിക്കുന്നവരായിരിക്കണം അല്ലാതെ ഈ ഭൗതിക കാര്യങ്ങളില് അതാണ് പ്രധാനം തിന്നുകാ കുടിക്ക ആനന്ദിക്കുക അതിൽ ഒതുങ്ങി നിൽക്കരുത് നിത്യതക്കായിട്ട് ഒരുക്കമുള്ളവരായിട്ട് നമ്മളായിരിക്കണം ഏറെ ലഭിച്ചവനോട് ഏറെ ചോദിക്കുന്ന കർത്താവ് കർത്താവ് വാതുക്കലായിരിക്കുന്നു കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുക്കമുള്ളവരായിട്ടായിരിക്കാം ആയിരിക്കാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തോട് ചേർത്ത് നമുക്ക് പറയാം കർത്താവ് ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഞങ്ങൾ വിചാരപ്പെടുന്നില്ല മറിച്ച് ഞങ്ങൾ നിത്യതയ്ക്കായിട്ട് നാൾ കഴിയും തോറും ഒരുങ്ങുന്നവരായിട്ട് ആയിരിക്കും എന്ന് നമുക്ക് കർത്താവിനോട് പറയാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ആമി